الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ീമാലാ ആലി ഇബ്രാഹീം ഇന്ന കീദും മജീദ് अम्मा बादा बिन खैरल कलामी कलामुल्ला व खैरल हदीथ किताबुल्ला व खैरल हदीय हदीयु मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्र अल उमूरी मुहदाथातुहा व कुल्ल मुहदाथतिन बिदअ व कुल्ल बिदअतिन धलाला अऊजु बिललाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സർവശക്തനായ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നമുക്ക് ഹിതായത്തിന്റെ ഈ സത്യമാർഗം കാണിച്ചു തരികയും ചെയ്ത സർവശക്തനായ അള്ളാഹുവിനെ ജീവിക്കണേ എന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നിരന്തരമായി ഓർമ്മപ്പെടുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഖുർആാൻ പല സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച ഒരു വാക്കാണ് ഹിഫുള് മുഹാഫലത്ത് അതിനെ നിഷ്ഠയോടുകൂടെ അനുഷ്ഠിക്കുക കൃത്യതയോടുകൂടെ സൂക്ഷിച്ച് പാലിച്ചു പോരുക എന്ന ഒരു വാക്ക് ഖുർആാനിൽ ഉപയോഗിച്ചത് കാണാൻ പറ്റും വല്ലദീനഹും അലാസൊലാത്തിഹിം യുഹാഫിലു സൂറത്തും പറഞ്ഞു നമസ്കാരത്തിൽ അവർ നിഷ്ഠ പുലർത്തുന്നവരാണ് അതിനെ ശ്രദ്ധിച്ചു പരിപാലിച്ചു പോരുന്നവരാണ് അതിനെ ശ്രദ്ധയോടുകൂടെ അനുഷ്ഠിച്ചു വരുന്നവരാണ് സൂറത്ത് പറഞ്ഞു നമസ്കാരങ്ങളിൽ സത്യവിശ്വാസികൾ വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ ശ്രദ്ധ പുലർത്തുന്നവരാകുന്നു പല സ്ഥലങ്ങളിലും ഈ പ്രയോഗം കാണാൻ പറ്റും സഹോദരങ്ങളെ സ്വയം കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാത്ത തന്റെ ഇടമില്ലാത്ത ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നാം നിരന്തരമായി ആ കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഏതെങ്കിലും വല്ല കരണ്ടിന്റെ വയറും പോയി അല്ലെങ്കിൽ വല്ല കുഴിയിലും പോയി വീഴേൽ അല്ലെങ്കിൽ അനാവശ്യമായ എന്തെങ്കിലും വസ്തുക്കൾ എടുത്ത് വായിലിടുകയോ ചെയ്താൽ ഒരു നിമിഷ അശ്രദ്ധ ഒരു നമുക്ക് വിചാരിക്കുവാനും കണക്ക് പറ്റാത്ത അപകടങ്ങളും പ്രത്യാഘാതങ്ങളും വരുത്തിവെക്കും അതുകൊണ്ട് എന്ത് ജോലിയിലേർപ്പെട്ടാലും എന്തു തിരക്കിൽ ഏർപ്പെട്ടാലും ഒരു ഉമ്മയുടെ കൽവ് ഹൃദയം ശ്രദ്ധ എപ്പോഴും തന്റെ രണ്ടു വയസ്സായ കുട്ടിയിലുണ്ടായിരിക്കും അവന്റെ ഓരോ ചലനങ്ങളിലും അവന്റെ കാൽപ്പാടുകൾ അവന്റെ പാദങ്ങൾ അവൻ വെക്കുന്നതിനെക്കാളും ശ്രദ്ധയോടുകൂടെ ഉമ്മ അവനെ നിരീക്ഷിക്കും അവന്റെ ഓരോ കൈയിന്റെ ചലനങ്ങളും എവിടേക്ക് പോകുന്നു എന്ന് ആ ഉമ്മ നിരീക്ഷിക്കും എന്തിനാണത് സഹോദരങ്ങളെ സ്വന്തം ചെയ്യാൻ പറ്റാത്ത ആ കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കുട്ടിയുടെ കാര്യം അപകടകരമായി പോകുന്നതാണ് യൂസുഫ് നബിനെ തൽക്കാലം ഞങ്ങളൊപ്പം അയച്ചു തരും വാപ്പ എന്ന് സഹോദരങ്ങൾ വാപ്പനോട് പറയുന്നുണ്ട് നാളെ ആട് നോക്കാൻ പോകുമ്പോ ഞങ്ങളുടെ കൂടെ യൂസുഫിനെയും കൂടി അയച്ചു തരണം യൂസുഫ് ഞങ്ങളുടെ കൂടെ കളിക്കുകയും അവിടെയുള്ള രസങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യും ഞങ്ങൾ അവനെ ഹാഫി ും ഞങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും ഒരു തകരാറും പറ്റാതെ ഞങ്ങൾ കൊണ്ടുവരും അവിടെ ഉപയോഗിച്ച വാക്കേതാ സഹോദരങ്ങളെ ഹാഫി ഹാഫിൻ ശ്രദ്ധിച്ചു കൊണ്ടിടക്കും ഞങ്ങൾ ഒരിക്കലും അവനെക്കുറിച്ച് അശ്രദ്ധമാകുന്ന പ്രശ്നമില്ലാന്ന് അവരത് പാലിച്ചില്ലെങ്കിലും അവർ കളവ് പറഞ്ഞതാണെങ്കിലും സഹോദരങ്ങളെ ഉപയോഗിച്ച വാക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം യഥാർത്ഥത്തിൽ നിസ്കാരത്തെക്കുറിച്ചും ഇതേ വാക്കെന്തി ഉപയോഗിച്ചു വല്ലതേ ആ നിസ്കാരം അങ്ങനെ ശ്രദ്ധിച്ചാലേ നടക്കുള്ളൂ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഇഷ്ടംപോലെ ജോലിയുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് കടബാധ്യതകളുണ്ട് തിരക്കുകളുണ്ട് എമർജൻസിൽ വിളികളുണ്ട് ഒരു സമയത്തും സ്വൈരവും മനസ്സേകാഗ്രമാക്കാൻ സന്ദർഭമില്ല പക്ഷെ തെറ്റാൻ പറ്റൂല സഹോദരങ്ങളെ ഒരു ദിവസം നേരം പുലർന്ന് പിറ്റേന്ന് പ്രഭാതമാകുന്ന ഇരുപത്തിനാല് മണിക്കൂറിലൊക്കെ നിർവഹിക്കാൻ അഞ്ച് നേര നിസ്കാരത്തെക്കാളും പ്രസക്തമായി ജീവിതത്തിൽ മറ്റൊന്നില്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതിനങ്ങനെ തന്നെ കാണണം അങ്ങനെ കണ്ടാൽ മാത്രമേ സഹോദരങ്ങളെ ആ നമസ്കാരത്തിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കൂ അതിന്റെ പ്രതിഫലം നമുക്ക് നടുക്കൂ നാം ചിന്തിക്കണം ഒരു ഭാഗത്ത് നരകമാണ് ഒരു ഭാഗത്ത് സ്വർഗമാണ് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ നരകം രകത്തിലെ പൊക്കുന്ന തിന്മയുടെ കൂട്ടായ്മകളാണ് ഒരു ഭാഗത്തോ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന നന്മയുടെ വിചാരങ്ങളും ചിന്തകളും പകരുന്ന നല്ല കൽപ്പനകളും നല്ല പ്രവർത്തനങ്ങളും ഒരു ഭാഗത്തും മരണമാണ് സഹോദരങ്ങളെ ഏത് നിമിഷവും ഓടി വരാൻ മരണം നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുന്നു രോഗങ്ങൾ വേണ്ട കാരണങ്ങൾ വേരണ്ട നിമിത്തങ്ങൾ വേണ്ട മരണത്തിന് നമ്മളെ സ്വീകരിക്കാൻ ഒരുപക്ഷെ മരിച്ചതിന് ശേഷവും നമ്മുടെ അടുക്കൽ ദേഹത്ത് തിരുമ്മിയിരിക്കും ബന്ധുക്കൾ എന്ത് മരിച്ചില്ലെന്ന് വിശ്വസിച്ചിട്ട് മരിച്ചിട്ടും മരിച്ചു കിടന്ന ആ മയ്യത്തെടുത്തുകൊണ്ട് മണിക്കൂറുകൾ സഞ്ചരിച്ചവർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെത്തും എന്തേ ഇന്നു രാവിലെ ഒരു കേടും കൂടാതെ മുറ്റത്ത് പത്രം വായിച്ചിരുന്നവൻ ഇപ്പോൾ മരിക്കാൻ മരിച്ചിട്ടുണ്ടാവില്ലെന്നാണ് അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല മരണം അത്രയും ആകസ്മികമായി അപ്രതീക്ഷിതമായി നമ്മളെ കാത്തിരിക്കുന്നു സുഹൃത്തുക്കളെ ഇതിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്കാകെ കൊണ്ടോകാനുള്ളത് എന്തായാലും നിസ്കാരം പടച്ചോനത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് നിസ്കാരം സുഹൃത്തുക്കളെ ആ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധമാകുന്നത് വളരെ വലിയ നഷ്ടം നമുക്ക് വരുത്തുന്നതാണ് ശൂന്യമാണ് സഹോദരങ്ങളെ നിസ്കാരം കനപ്പെട്ട ഒരു നിസ്കാരവുമായി പരലോകത്ത് ചെല്ലാല്ലാത്തവന്റെ പരലോകം ശൂന്യമാണ് ഇന്നലെ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഒരു പത്തോ എഴുപതോ ഒക്കെ വരച്ചു വരെ ജീവിച്ചിട്ട് ഇനി പടച്ചോനെ മരിച്ചു ഞാനാണ് പോവാന്ന് വിചാരിക്കുമ്പോൾ എന്താ എനിക്ക് കൊണ്ടുപോകാനുള്ളതെന്ന് ആലോചിക്കുമ്പോൾ നിസ്കാരാണ് സഹോദരങ്ങൾ അതൊരു ശ്രദ്ധയില്ലാതെ ഒരിക്കൽ പോലും ഒരു ഏകാഗ്രതയോട് അത് നിർവഹിക്കാതെ ഒരു വക്ത നിസ്കാരം താൽപര്യപൂർവ്വം ഒന്ന് പള്ളിയിൽ പോകാൻ ശ്രമിക്കാതെ അലസമായ ആ നമസ്കാരത്തിന്റെ എണ്ണവുമായി ചെന്നിട്ട് നാഥനങ്ങാനും അത് കബൂൽ ചെയ്തില്ലെങ്കിൽ സഹോദരങ്ങളെ മരുഭൂമിയായിരിക്കും നാളെ പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല എത്ര വ്യക്തമാണ് ആ ഹദീസരങ്ങള് ഇതേ വാക്കുപയോഗിച്ചുകൊണ്ട് അള്ള പറയുന്നു നോക്കും നിങ്ങൾ അന്നഹുദല യൌമൻ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു ആ നമസ്കാരത്തെ നിഷ്ഠയോടുകൂടെ കൃത്യതയോടുകൂടെ ഒരാൾ പാലിച്ചാൽ കാനത്ത് ലഘുനൂറൻ നാളെ പരലോകത്ത് ഇരുട്ടാർന്ന പരലോകത്ത് വിചാരനാളിൽ അവന് വെളിച്ചം കിട്ടും വബുർഹാനൻ നാഥ ഇവിടെ സ്വർഗം നിന്നോട് ചോദിക്കുവാനും നീ എനിക്ക് തരുവാനുമുള്ള ഒരു തെളിവുമായി ഞാൻ വന്നിരിക്കുന്നു എന്താ എന്ത് തിരക്കിലും അഞ്ചു നേരം തെറ്റാതെ നിസ്കരിച്ചവനാണ് ഞാൻ ഒരു തെളിവ് റബ്ബിന്റെ മുമ്പിൽ സമർത്ഥിക്കാൻ ഒരു തെളിവുണ്ടവൻ വിജയം നാളെ പരലോകത്ത് വിജയമുണ്ട് നമസ്കാരത്തിന് ആ നിസ്കാരത്തെ ഒരു തൻ നിഷ്ഠയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നിർവഹിച്ചില്ലെങ്കിൽ അവന്റെ പ്രകാശമില്ല വിടെ ഒരു തെളിവില്ല വിടെ വിജയമില്ല വിടെമൽക്കയാമ ായേയും ഹാമാനിക്ക് കൂടെ ആയിരിക്കുന്ന സുഹൃത്തുക്കളെ സ്വർഗം കിട്ടും നിസ്കാരം ശരിയാണെങ്കിൽ ഒതു ശരിയാകണം സ്വർഗ്ഗം തുറക്കപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ നിസ്കാരം ശരിക്ക് കൊണ്ടുനടക്കണം എന്നാണ് ഉമർ അലി അള്ളാഹു എനിക്ക് പറഞ്ഞു നിസ്കരിക്കണില്ലേ ഇസ്ലാമിൽ അവൻ ഇല്ല ഇസ്ലാമി നിസ്കാരം ഒഴിവാക്കുന്നവൻ സഹോദരങ്ങളെ ഇസ്ലാമെന്നൊരു വിഹിതവും അവൻ ഇല്ലാന്ന് അത്ര കൃത്യമായിട്ട് പറഞ്ഞു ഒരു ദിവസത്തെ അഞ്ചു നേരത്തെ നിസ്കാരം സഹോദരങ്ങളെ ആത്മാർത്ഥതയോടെയും ഏകാഗ്രതയോടെയും ആത്മസംതൃപ്തിയോടുകൂടെയും നിർവഹിച്ചാൽ ജീവിത സാഫല്യത്തിന്റെ ഒരു ദിവസമായിരിക്കും അത് സംശയം വേണ്ട എന്ന് അങ്ങനെ പറയാൻ കാരണം അറിഞ്ഞങ്ങള് പടച്ചോൻ ഈ ഭൂമിനെയും ഈ അനുഗ്രഹങ്ങളെയും ഈ കുട്ടികളെയും മക്കളെയും ഈ ശാരീരികമായ സുസ്ഥിതിയുമൊക്കെ പടച്ചോൻ തന്നത് എന്തിനാ അറിഞ്ഞങ്ങള് പടച്ചോന് മുഹലിസായിക്കൊണ്ട് ആരാധന നിർവഹിക്കാനാണ് എന്റെ ജീവിതത്തിന്റെ ദൗത്യം നാഥൻ എനിക്കൊരു ജന്മം തന്നതിന്റെ ദൗത്യം അല്ലാൻ ആരാധിക്കാനാണ് ാണ് മനുഷ്യനെയും സുഹൃത്തുക്കളെ ആരാധനയുടെ ശ്രേഷ്ഠമായ ഒരു നിസ്കാരം ഒരു ദിവസം മുഴുവനായിട്ടുണ്ടെങ്കിൽ ആത്മസംതൃപ്തി അല്ലേ പഠിച്ചോനെ ഇന്നത്തെ ഒരു ദിവസം നീ എനിക്ക് തന്നു നനക്കു ഞാൻ നിർവഹിച്ചു തരേണ്ട ബാധ്യത അതിന്റെ കണിശതയോടെയും കൃത്യതയോടുകൂടെയും നിർവഹിച്ചു പൂർത്തിയാക്കിയിട്ട് ഒരു പുതിയ സൂര്യാസ്തമയം അല്ലെങ്കിൽ ഒരു സന്ധ്യയിലെ ഉറക്കം ഞാൻ നിർവഹിച്ചു നാദാ ആത്മസംതൃപ്തിയോടുകൂടെ നീ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നീ താൽപ്പര്യപ്പെട്ട രൂപത്തിൽ സുഹൃത്തുക്കൾ ഒരു ദിവസം എത്ര സമ്പന്നമായിരിക്കും ആ നിസ്കാരത്തിന്റെ കാര്യം കൊണ്ടെടുക്കാത്ത ആൾക്കാര ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മഹാഫല അല്ല നിസ്കാരത്തെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനവും വിശദീകരണവും കൊടുത്ത് നമുക്കൊന്ന് നോക്കി വെക്കാം ഒന്നാമത്തെ സഹോദരങ്ങളെ മറക്കരുത് മറക്കുക എന്ന് പറഞ്ഞാൽ അവഗണിക്കുക എന്നാണ് അർത്ഥം എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിസ്കരിച്ചില്ലല്ലോ അങ്ങനെ പറയരുത് സഹോദരങ്ങളെ അങ്ങനെ പറയാൻ ഇടവരുത്തരുത് മനസ്സിലെ ദോഹർ നിസ്കാരത്തിന് ദോഹർ പാങ്ക് കൊടുത്തിട്ട് അസറ് പാങ്ക് കൊടുക്കാൻ അഞ്ചു മിനിറ്റും പത്ത് മിനിറ്റ് നിസ്കരിച്ചില്ലല്ലോ സുഹൃത്തുക്കളെ അപ്പൊ എന്താണ് ആ കേൾക്കുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിന് അത്ര വിലയുള്ളൂ മറക്കരുത് മറക്കരുത് ഫൈലേനും നിസ്കാരക്കാർക്ക് നാശം ആ നിസ്കാരത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ് നിസ്കാരം അവർക്കൊരു കാര്യപ്പെട്ട പരിപാടിയേ അല്ല ും ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവപ്രധാനമായി കാണുന്നത് നിസ്കാരമായിരിക്കുന്ന മറക്കാതിരിക്കുന്ന സഹോദരങ്ങൾ ശരിക്ക് കൊണ്ടുനടക്കണം പഠിച്ചും പ്രത്യേകം പറയണം കൃത്യതയോടെ നിഷ്ഠയോടെ നിർവഹിക്കണം പറയണം നമസ്കാരം അസര നമസ്കാരം ലൊഹറും മകരിവും ഒക്കെ ഓരോ സമയമാണ് അസർ സഹോദരങ്ങളെ അവർ അസമയമായി തോന്നും ജീവിതത്തിൽ നല്ല ഭക്തി ഉള്ളവനും നല്ല ശ്രദ്ധ ഉള്ളവനും സമയം ക്രമീകരിക്കുന്നവനും നിസ്കാരത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടവനും മാത്രമേ ആ സമയത്ത് വണ്ടിയിരുത്താൻ പറ്റുള്ളൂ ആ സമയത്ത് പള്ളിക കൂടി വരാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ കൃത്യമായി ശ്രദ്ധിക്കണം അന്തിക്കിലില്ല അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് മക്കളോ സ്വത്തുക്കളോ നിങ്ങളെ അശ്രദ്ധമാക്കരുത് ഏതാ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ ഓർമ്മയുണ്ടോ എന്ന് അള്ളാഹു നോക്കുകയാണ് നേരം പുലരുമ്പോൾ അള്ളാഹു വേണ്ടി ഉണർന്നോ സുബൈ നഷ്ടപ്പെടാതിരിക്കാൻ സുബൈ നഷ്ടപ്പെടാതിരിക്കാൻ സ്വത്തു തടസ്സമായോ മക്കൾ തടസ്സമായോ ഭാര്യ തടസ്സമായോ ലോഹറിന് സുഹൃത്തുക്കളെ ജീവിത വ്യവഹാരങ്ങളുടെ മധ്യത്തിൽ നിന്നും പള്ളിയുടെ ആ തണലിലേക്കും തണുപ്പിലേക്കും ഉളുവിന്റെ ആ സന്തോഷത്തിലേക്കും തിരിച്ചു ജോലി തടസ്സമായോ സഹോദരങ്ങളെ മേലുദ്യോഗസ്ഥന്മാർ തടസ്സമായോ അവിടുത്തെ പ്രശ്നങ്ങൾ തടസ്സമായോ ജോലിയുടെ പരിമിതികൾ തടസ്സമായോ അള്ളാനെ ഓർത്തില്ലേ ഇന്ന് ലോഹർക്ക് പറച്ചനാകാൻ നോക്കണേ ഇന്ന് സുബൈക്ക് എന്നെ അവൻ മറന്നോ ഇന്ന് ഉച്ച സമയത്ത് എന്നെ മറന്നോ ഇന്ന് അസർ സമയത്ത് അവൻ എന്നെ മറന്നോ അതാ പറഞ്ഞു തുലഹിക്കും അമ്പാലുക്കും വരാ ഔരാദുക്കും അന്തിക്കരില്ല അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് നമസ്കാരം നിങ്ങളെ അശ്രദ്ധമാക്കാൻ പറ്റൂല സഹോദരങ്ങളെ ഇനി ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ചില്ലല്ലോ പറയരുത് അത് നിസ്കാരത്തെ ശ്രദ്ധിക്കാന്നുള്ളതിനും നിഷ്ഠ പാലിക്കുന്നതിനും എതിരാ മറക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ആ മറവി ഒരു പതിവാക്കാതിരിക്കുന്ന സഹോദരങ്ങളെ രണ്ടാമത്തെ നിസ്കാരത്തിൽ അതിന്റെ ശ്രദ്ധയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ നിങ്ങൾ നിസ്കാരം വേഗം ചെയ്യുക സഹോദരങ്ങൾ പെട്ടെന്ന് ചെയ്യ നമ്മുടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നിസ്കാരത്തിന്റെ പ്രശ്നം എന്താച്ചാൽ പിന്നെ ചെയ്യാനാണ് അങ്ങനെ ഒന്നില്ല അങ്ങനെയുണ്ട് സഹോദരങ്ങളെ കർമ്മങ്ങൾ ചെയ്യുന്നവരെ പടച്ചോൻ വിഭജിച്ചിരിക്കുകയാണ് ചില ആൾക്കാർ ചെയ്യും പക്ഷെ വേറെ ചില ആൾക്കാർ അവർ മുൻകടക്കുന്നവരാണ് എല്ലാവർക്കും സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ആദ്യം നിസ്കാരത്തിന് എല്ലാരും ജമായത്തിന് പേരിലുണ്ട് പക്ഷേ പള്ളിയിൽ ബാങ്ക് കൊടുക്കാനും ഇമാമത്ത് നിൽക്കാനും പറ്റുന്ന ആള് മാത്രമേ പള്ളിയിലുള്ളൂ പിന്നെ എത്തിയത് ഞാനാണ് സഹോദരങ്ങളെ അങ്ങനെ എത്താൻ പറ്റുന്നവനെത്താൻ പറ്റൂ ശ്രമിക്കേണ്ടതാണ് ഒന്നാമത്തെ വരാൻ റബാൻ അവരാണ് അള്ളാഹുവിന്റെ മുഖർ റബീങ്ങൾ പടച്ചോന് ഇഷ്ടല്ലോ പടച്ചോൻ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം പടച്ചോന് ഇഷ്ടത്തോടെയും സംതൃപ്തിയോടെയും പെട്ടെന്ന് നിർവഹിക്കുന്നവർ അനീബിന് മസോദർ അള്ളാഹു അദ്ദേഹം റസൂലിനോട് ചോദിച്ചു മ അഫ്ലുൽ അമൻ റസൂല് ഒരു നല്ല പ്രവർത്തി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തി പറയും അസൊലാത്തുഹാരി മുസലി നിസ്കാര സമയത്ത് ചെയ്താൽ മതി നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക അപ്പൊ ഏതാ സമയം പള്ളിയിൽ ജമാത്ത് നടക്കുന്ന ഔവൽ ജമായത്ത് ഏതാണോ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം പഠിച്ചു പറയുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ ശ്രദ്ധല്ലാത്ത സൂക്ഷ്മതല്ലാത്തോൻ ആ നിസ്കാരം എത്ര വൈകിപ്പിക്കാൻ പറ്റുമോ അത്ര അവൻ സൂര്യൻ എങ്ങനെ നോക്കിയിരിക്കും കൊമ്പുകൾക്കിടയിൽ സൂര്യൻ വരുമ്പോൾ കാമ അത്ര നേരം ആലോചിച്ചതിന്റെ മെല്ലങ്ങും ഒരു മടിയോടെ കപടനായി അവൻ എഴുന്നേൽക്കും കൊത്തും അവൻ എന്താ പ്രയോഗ സഹോദരങ്ങളെ മുസ്ലിമിന്റെ ആദീസ ആലോചിച്ചിങ്ങനെ ഇരിക്കും നിസ്കരിക്കണോ നിസ്കരിക്കണോ അവസാന സമയം അവസാനത്ത് നീക്കും നീച്ചിട്ട് പോയിട്ട് നാല് കൊത്തുകൊത്തും നാല് കൊത്തുകൊത്തും അവൻ ലാ യെർല ആ നൃത്തത്തിൽ പടച്ചോനെ കുറിച്ച് ഓർമ്മ മനസ്സിൽ പടച്ചോനെ കുറിച്ചൊരു ചിന്തയും ഇല്ലാത്ത നാല് കാട്ടിക്കൂട്ടൻ അത്രേ ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളെ ഒന്ന് മറന്നു പറയരുത് രണ്ടാമത്തതേ അവലു വക് ഒന്നാമനായി ചെയ്യാൻ ശ്രമിക്കാം രണ്ടാമത്തെ എന്താ പറയുക ഖുറാൻ ഉപയോഗിച്ചത് അല്ല ദിനുമാല സ്ഥിരമായി ചെയ്യാം ചില ആൾക്കാർക്ക് റമലാനിൽ നിസ്കാരത്തിനൊരു പ്രത്യേക കൗതുകം അഹോദരങ്ങളെ റമലാലിൻ്റെ ഫർലുസ്കാത്തിന്റെ ഒരു പ്രത്യേക കൗതുകം അങ്ങനെ ഉണ്ടോ അല്ലാത്ത കാലത്തെക്കാളും റമലാലിന്റെ ഫർലുസ്ഖാത്തിൻ്റെ ഒരു പ്രത്യേകത ചില സീസൺ വീട്ടിലൊരു മരണമുണ്ടായാൽ വാപ്പ മരിച്ചാൽ മക്കൾ ഒരാഴ്ച പള്ളിയിൽ ജമാത്ത് എന്താ ഓരോ അങ്ങനെയുള്ള നിസ്കാരത്തിന് വല്ലദീനകുമല സ്വലാത്തിയും സ്ഥിരമായി ചെയ്യ അതേപോലെ ഭക്തിയുടെ കാലം ചില ആൾക്കാർക്ക് അങ്ങനെയാണ് എപ്പോഴെങ്കിലും ഒരു തോന്നൽ നന്നാകണം ഒട്ടൊരാഴ്ച നിസ്കാരം പിന്നല്ല അങ്ങനത്തെ ഒരു നിസ്കാരമല്ല സഹോദരങ്ങളെ വല്ല ദിനും അലാ സൊലാത്തി നിതാന്തമായ ഒരു സൂക്ഷ്മത ശ്രദ്ധ അതാ നിസ്കാരത്തിൽ വേണ്ടത് അതെ സ്ഥിരമാവണെങ്കിൽ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഒരു പള്ളിന്റെ അടുത്ത് താമസിച്ചോക്കെ നിസ്കരിക്കുമ്പോൾ എപ്പോഴും പള്ളിയിൽ പോയി നമ്മൾ സഹോദരൻ അതൊക്കെ ഒരു ജീവിതത്തിന്റെ നിർബന്ധിതാവസ്ഥ സൃഷ്ടിക്കലാണ് സ്ഥിരമായി പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ പള്ളിയിലാണെങ്കിൽ ആ കൂട്ടായ്മണെങ്കിൽ അവരെ കാണാതിരിക്കാൻ നമുക്ക് പറ്റൂല ഒരു ദിവസത്തെ സുബൈക്ക് നമ്മൾ കണ്ടെങ്കിൽ ചോദിക്കും എന്തെ കണ്ടില്ലല്ലോ നല്ല കൂട്ടുകെട്ട് നിസ്കാരത്തിന്റെ നിത്യതക്കൊരു സഹായകമാണ് സഹോദരങ്ങളെ പള്ളിയുടെ ഓരത്ത് താമസിക്കൽ നമ്മുടെ കുട്ടികളോട് ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളി കാണാത്ത രൂപത്തിൽ മക്കളെ വളർത്തുന്നവരുണ്ട് സഹോദരങ്ങളെ എന്തായ്ക്കോ കുട്ടികളെ ഭാവി ആലോചിക്കേണ്ടതുണ്ട് സ്ഥിരമായി നിസ്കാരം നമ്മൾ നിർവഹിക്കണം മറ്റൊന്നുണ്ടോ ഭക്തിയോടെ നിർവഹിക്കണം സഹോദരങ്ങളെ ആത്മാവുള്ള നമസ്കാരം അതേറ്റവും പ്രധാനം നിസ്കാരം ഭക്തി കിട്ടാൻ എന്താ ചെയ്യാന്ന് എല്ലാവരും ചോദിക്കുക സുഹൃത്തുക്കളെ ഒന്ന് അഞ്ച് മിനിറ്റാണ് ഒരു ലോഹർ നിസ്കരിക്കാൻ വേണ്ടത് ആ അഞ്ച് മിനിറ്റ് അയിനാണ് നീക്കി വെക്കുക അതാ ഒന്നാമത്തെ കാര്യം ആൾക്കാർക്ക് ഭയങ്കര ധൃതിയാണ് നിസ്കരിക്കാണ്ട് വന്നാൽ നിസ്കാരം കഴിഞ്ഞ് പോകാനുള്ള അർജന്റാണ് ഹല്ലാന്റെ റസൂൽ പറഞ്ഞ് കാന നബിന്റെ നബിസ്ലാസും നിസ്കരിക്കുകയാണെങ്കിൽ നബി റുക്കുഴക്കാണ് പോയാൽ നീരുമ്പോ വളഞ്ഞ എല്ലാ എല്ലും നിവർന്നു വരുന്നതുവരെ നിവരും ിന് പൊന്തിരിനു മുന്നേ സുജൂത് പോകുണ് ആ മുഴുവൻ അവയവം നീരാൻ പോലും സമയമല്ല സഹോദരങ്ങൾ സുജൂത് പോയിട്ട് മടങ്ങിയ അവയവങ്ങൾക്കൊന്നും മടങ്ങി നിൽക്കാൻ സമയമില്ല ഒരു അഞ്ചു മിനിറ്റ് നിസ്കാരത്തിന് കൊടുത്താൽ അത് നിസ്കാരത്തിനാണ് കൊടുക്കുക അയിന്ന് പിഷ്കരുത് അവിടെ പിന്നെ വേറെ ആലോചിക്കുന്നത് സഹോദരങ്ങളെ അത് നമസ്കാരത്തിന് വേണ്ടി ജീവിതത്തിൽ നിന്ന് നീക്കി കൊടുക്കുക പിന്നെ ഖുർആാൻ പാരായണം ചെയ്യപ്പെടുന്ന ഉറക്കുള്ള നമസ്കാരങ്ങൾ ആ ഖുർആാനെ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ നിങ്ങൾക്കറിയോ അലഹദി റബ്ബുലമിൻ നിസ്കാരത്തിൽ ഞാനുങ്ങളും പറയുമ്പോൾ അതിന് നമുക്ക് മറുപടി കിട്ടുന്നുണ്ട് അസൻ ആ അലയ്യ അബുദി എന്റെ അടിമ എന്റെ പുകഴ്ത്തിയെന്ന് പടച്ചോം പറയും സഹോദരങ്ങളെ നമ്മൾ വേണം ഓരോ വാക്കിനും പടച്ചോം മറുപടി പറയുന്ന നിസ്കാരത്തിലാ നമ്മൾ ഉള്ളത് എന്ന് ആരെങ്കിലും ചിന്തിച്ചോ നിസ്കാര സമയത്ത് നല്ല സാഹചര്യം നിസ്കാരത്തിൽ ഒരുക്കണ സഹോദരങ്ങളെ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഒരു വൃത്തികെട്ട സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നമുക്ക് പറ്റുമോ ഒരു വൃത്തികെട്ട സ്ഥലത്ത് ഇത് തീൻമേശക്ക് ചുറ്റിലും അപ്പുറത്ത് ബാത്റൂം ഇപ്പുറത്ത് വാഷ്ബേസിൻ വൃത്തികേടായി കിടക്കുന്നു അവിടെ കയറി ഇറങ്ങിപ്പോലെ സഹോദരങ്ങളെ നമ്മൾ നിസ്കാരത്തിനും ഒരു മാഹവലും ചുറ്റുപാട് പ്രധാനമാണ് വിശാലവും സുന്ദരവുമായ ഒരു പള്ളിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനന്നെ എന്തൊരു കുളിർമയാണ് സഹോദരങ്ങളെ ആ മസ്ജിദുനവിയിലൊക്കെ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ മനസ്സ് സാഹചര്യം വളരെ പ്രധാനമാണ് കിടന്ന് നീച്ച അതേ പായിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവർ യാതൊരു സമയവും കൃത്യതയും നോക്കാത്തവർ എങ്ങനെ ഭക്തി കിട്ടും സഹോദരങ്ങളെ ഒരു നല്ല അന്തരീക്ഷം ഓരോ നമസ്കാരത്തിന് വേണ്ടിയും ഉണ്ടാക്കേണ്ടത് മനഃപൂർവ്വം തന്നെയാണ് മനസ്സിലായി അതുകൊണ്ട് എവിടെ പറഞ്ഞത് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിച്ച് നിസ്കരിച്ചാൽ മതി ബാത്റൂമ് പോകണമെങ്കിൽ ബാത്റൂം പോയി നിസ്കരിച്ചാൽ മതി നിസ്കാര സമയം മറ്റു ചിന്തകളെ മുഴുവൻ ഒഴിവാക്കി നമസ്കാരത്തിൽ ഏകാഗ്രത കിട്ടാൻ സഹോദരങ്ങളെ ഭക്തിപൂർവ്വമായ ജീവിതം മാത്രമല്ല ആവശ്യം അതിനോടൊപ്പം നമുക്കുണ്ടാവേണ്ട ഒരു കാര്യം എന്താ കാര്യങ്ങള് ആ നിസ്കാരത്തിൽ ഏറ്റവും പ്രധാന അധ്വാനം എന്ത് കാര്യം മനസ്സ് പതരാതിരിക്കാനാണ് മനസ്സ് പതരാതിരിക്കും ഞാൻ എന്ന് തീരുമാനിച്ചാൽ മനസ്സ് നിലനിൽക്കും സഹോദരങ്ങളെ യാതൊരു സംശയമല്ല നമസ്കാരം പൂർണ്ണതയോടെ നിർവഹിച്ചാലേ നിസ്കാരത്തിന് നിസ്കാരം നിസ്കാരത്തിന് മറ്റൊരു ശ്രദ്ധ നിസ്കാരം ആക്ക ഒരാള് അഞ്ചു നേരം നിസ്കാരത്തിന് വേണ്ടി വന്നു അക്കും ആ നിസ്കാരത്തെ അവൻ മുഴുവനാക്കി നോക്കി നിസ്കാരം പകുതിയാക്കി പോണവരുണ്ട് കാൽഭാഗം നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് ഒക്കെ നിസ്കാരം മുഴുവൻ ആക്ക അതെന്താണ് ആ നിസ്കാരത്തിന്റെ അവകാശങ്ങളിൽ നിന്ന് ഒന്നും അവന് കുറവ് വരുത്തിയില്ല കാനലഹു എന്തല്ലാഹി അഹുദ്സ്കാരം ഒതുശരിക്കെടുത്തു സുജൂത് പോരെ പോയി റുക്കവു പോരെ പോയി കൈ വെക്കേണ്ടിടത്ത് കൈവെച്ചു കാല് കാൽ വെച്ചു മുട്ടുവെക്കേണ്ടത് മുട്ടുവെച്ചു അങ്ങനെ ഒന്നിലും ഒരു വീഴ്ചയും വരുത്താതെ മുഴുവനാക്കിയാൽ കാനലഹു എന്തല്ലാഹി അഹ് അള്ളാഹുവിന്റെ അടുക്കൽ അവനൊരു കരാറുണ്ട് പടച്ചോന്റെ കരാറ് എന്താ പടച്ചോന്റെ കരാറ് കയറിയ സഹോദരങ്ങളെ അല്ലായു അദ്ദേഹൂ അവനെ ശിക്ഷിക്കുകയില്ല എന്ന് നിസ്കാരത്തെ ഒരാൾ നിർവഹിച്ചു അതിന്റെ അവകാശങ്ങൾ നമസ്കാരത്തിൽ പ്രവർത്തിക്കേണ്ടതിൽ അവൻ കുറവ് വരുത്തി അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ഒരു കരാറുമില്ല ഒരു പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ അനുഗ്രഹിക്കും അവൻ ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും സുഹൃത്തുക്കളെ ശരിക്കും നിസ്കരിച്ചാൽ തന്നെയുള്ളൂ ൂനിസല്ലി നിസ്കാരം പഠിക്കാൻ പറ്റും ഈ ഗൾഫിലൊക്കെ ഉള്ള വലിയ ആലിമീങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ കുത്തൈബാത്ത ഉണ്ട് ഇത് രഘുലേകൾ മലയാളത്തിൽ കിട്ടും സഹോദരങ്ങളെ അഞ്ച് മിനിറ്റ് കൊണ്ട് വായിച്ചാൽ നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം കിട്ടും ചെറിയൊരു മാറ്റം ആവശ്യമുണ്ടാവും ചെറിയൊരു മാറ്റം ഇപ്പോഴത്തെ നിസ്കാരത്തിലെ ചെറിയൊരു മാറ്റം സുഹൃത്തുല്ലേ പഠിച്ചാലേ നേരാവുള്ളൂ എന്ത് കാര്യങ്ങളും എന്താ സഹോദര ഈ നിസ്കാരം ശ്രദ്ധിച്ചാൽ കിട്ടേണ്ടതൊക്കെ കിട്ടി അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അതിന്റെ ഇടയിലെ എല്ലാ തെറ്റും പഠിച്ചു വേറെന്താ വേണ്ട സഹോദരങ്ങളെ മുസ്ലിമും തന്നെ ഇല്ല അവൻ നമസ്കാരം നിർവഹിക്കുന്നു മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങൾക്കും അത് പരിഹാരമാണ് മാലിന്യുക്തിക്ക് തീറ അധികൊന്നും പാപങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കാലം മുഴുവൻ ഈ ആനുകൂല്യം അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിസ്കരിക്കുമ്പോൾ ഒരു ചെറിയ ശ്രദ്ധ കഴിഞ്ഞ പാപങ്ങളൊക്കെ ആ ശ്രദ്ധന്റെ പേര് അള്ളാഹു പുറത്തുതരും സഹോദരങ്ങളെ ഇത്രയും കൃത്യമായ ഒരു നിസ്കാരത്തെ ആസ്വാദനത്തോടെ നിർവ്വഹിക്കാൻ ശ്രമിക്കും എന്തിനാ നിസ്കരിക്കാൻ പിന്നെ സഹോദരങ്ങളെ കൺകുളിർമ്മ സന്തോഷം ആഹ്ലാദം മടുപ്പ് നിറഞ്ഞ അശാന്തി നിറഞ്ഞ ഭയം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും നിർഭയവും സന്തോഷവും അനുഭവിക്കുന്ന അതുല്യമായ അപൂർവമായ നിമിഷം അതാണ് നിസ്കാദ് പറഞ്ഞത് കുറത്ത് ഐ നീഫിസ്വലാസ് അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക എന്തേ മറക്കാതിരിക്കുക കൃത്യമായി ചെയ്യ ഭക്തിയോടെ ചെയ്യ അതിന്റെ പൂർണ്ണതയോടെ ചെയ്യാം അങ്ങനെ നമസ്കാരം പൂർണതയോടുകൂടെ പ്രവർത്തിക്കുകയും അതിന്റെ പ്രതിഫലം പരലോകം തീറ്റുവാങ്ങുകയും അതുമൂലം സ്വർഗപ്രവേശനം സാധ്യമാവുകയും നമസ്കാരക്കാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിന്റെ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹമുല്ല ഹംദൻ തൊയ്ക്കൻഫി അള്ളാഹുസാല മുഹമ്മദ് മുഹമ്മദ് കമാസൊല്ലൈതാലിമുലു ഇബ്രാഹിം സഹോദരങ്ങളെ ഇമാം തുറുമുദിയും അബുദാവുദും റിപ്പോർട്ട് ചെയ്തതും നാസറുദ്ദീൻ അൽബാനി തന്റെ സുഹൈഹുൽ ജാമ്യയിൽ രേഖപ്പെടുത്തിയതുമായ അബുദർദി അള്ളാ നിവേദം ചെയ്യുന്ന ഒരു ഹദീത്തിന്റെ ആശയം കേൾപ്പിക്കുകയാണ് കാല അബുദർദാ റലിഅള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു വിജ്ഞാനത്തെ അന്വേഷിക്കുന്ന ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ ഒരു ദീനിയായ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഒരു സീഡി കേൾക്കുക അല്ലെങ്കിൽ ഒരു ആലിമിന്റെ മുന്നിൽ എഴുന്നിട്ടൊരു ദർസ് കേൾക്കുക അല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സദസ് നമ്മൾ പങ്കെടുക്കുക ചെയ്താൽ സഹൽഅള്ളാഹുലഹു തൊറീക്കൻ ഇരച്ചല്ല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവുന്ന സ്വർഗത്തിൽ സ്വർഗത്തിൽ പോകാനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് വേഗം വേഗം എത്താനും ആ വഴി എളുപ്പമാകാനും തെറ്റാതിരിക്കാനുള്ള മാർഗം പരമാവധി കേൾക്കുക പഠിക്കുക എന്നുള്ള തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും തള്ളി മാറ്റി ദീന് കേൾക്കാനുള്ള വിശാല മനസ് ഓ ഇന്നൽ മല അള്ളാഹുവിന്റെ മലക്കുകൾ അന്വേഷിക്കുന്നവന്റെ മേൽ മലക്കുകൾ അവയുടെ ചിറകുകളെ താഴ്ത്തും അവൻ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തി കൊണ്ടുള്ള തൃപ്തി കൊണ്ട് അള്ളാഹു അത്രയും തൃപ്തി അസഹോദരങ്ങൾ ദീൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് പടച്ചോന് തൃപ്തിയാവുന്നുണ്ട് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വന്ന് ആ ചിറകുകളെ താഴ്ത്തി കൊടുക്കുന്നു ഇനി ദീൻ പഠിപ്പിച്ചെടുക്കുന്ന ഒരു പണ്ഡിതന്റെ അവസ്ഥയോ ും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് മത്സ്യങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരാധനകളിൽ നിരതനാകുന്നവനെക്കാളും ഒരു പണ്ഡിതനുള്ള സ്ഥാനം മറ്റു നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രന്റെ സ്ഥാനമാകുന്നു പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തര കാമികളാണ് ഇന്നൽ അംബിയുർഹൻ ഒരു പ്രവാചകനും തന്റെ അനന്തരാവകാശികൾക്ക് നൽകിയത് ദീനാറുകളോ സ്വർണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ അല്ല ഇന്നമാറസു വിജ്ഞാനത്തെയാണ് അവർ പിൻകാമികൾക്ക് നൽകിയത് അതാരെങ്കിലും സ്വീകരിച്ചാൽ അവൻ സമ്പൂർണമായ ഓഹരിയെയാണ് സ്വീകരിച്ചത് സഹോദരങ്ങളെ നമ്മൾ മാത്രല്ല നമ്മുടെ കുട്ടികൾ നമ്മുടെ ഭാര്യമാര് വീട്ടിൽ ഇങ്ങനെ ഇരിക്കേണ്ട പോലല്ല ദീൻ പഠിക്കാനുള്ള നല്ല അവസരങ്ങൾ നല്ല സന്ദർഭങ്ങൾ ഒഴിവ് സമയങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഉപയോഗിക്കണം റബ്ബിസിനെയോമ എൽമിനെനിക്ക് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ കുർആാൻ നമ്മളോട് പറയുന്നു സഹോദരങ്ങളെ വിജ്ഞാനം വർദ്ധിച്ചു കിട്ടാനും ആ വിജ്ഞാനത്തിന്റെ ആശയങ്ങൾക്ക് ജീവിക്കുവാനും സ്വർഗ്ഗത്തിൽ എളുപ്പമെത്തിച്ചേരുന്ന യഥാർത്ഥ സൌഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിൽ അല്ലാഹു നമ്മളെ കാത്തരക്ഷിക്കുമാറാവട്ടെ ഹിദായത്തോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള മഹാസൌഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരങ്ങളിൽ നിത്യമായി നാം നിർവഹിക്കുന്ന എല്ലാ നമസ്കാരങ്ങളും അതിന്റെ കൃത്യതയോടുകൂടെ നിഷ്ഠയോടുകൂടെ നിർവഹിച്ച് ആ നമസ്കാരത്തിന്റെ പൂർണ്ണ സൗഭാഗ്യവും പ്രതിഫലവും കരസ്ഥമാക്കുന്ന ആളുകളിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തണമേനാഥ അും إِنَّهَا سَاءَتْ مُسْتَكَرْ وَمُقَامًا رَبَّنَا تَقَبَّلْ <سؤال> مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْعَ لَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا آتِنَا فِي دُنْيَا حَسَنًا وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارُ والحمد لله رب العالمين